അധ്യായം നാൽപ്പത്തിയൊന്ന് ഫുസ്ലത്ത് മക്കയിൽ അവതരിച്ചത് മൂന്നാം വചനത്തിലെ ഫുസ്ലത്ത് എന്ന പദമാണ് ഈ അധ്യായ നിദാനം ഹാമീൻ സജത എന്ന പേരിലും ഈ അധ്യായം അറിയപ്പെടുന്നു മുപ്പത്തിയെട്ടാം വചനം പാരായണം ചെയ്യുമ്പോൾ സുജൂത് പുണ്യകരമായതുകൊണ്ടും ഹാമീൻ എന്ന അക്ഷര സമുച്ചയത്തോടെ ആരംഭിക്കുന്നതുകൊണ്ടുമാണ് ണം പരമകാരുണികനും കരുണാനിധിയുമായിട്ടുള്ളവന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതത്ര ഇത് വചനങ്ങൾ വിശദീകരിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം മനസ്സിലാക്കുന്ന ആളുകൾക്കു വേണ്ടി അറബി ഭാഷയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം ദോറോയ സന്തോഷവാർത്ത അറിയിക്കുന്നതും താക്കീതു നൽകുന്നതുമായിട്ടുള്ള ഗ്രന്ഥം എന്നാൽ അവരിൽ അധികപേരും തിരിഞ്ഞുകളഞ്ഞു അവർ കേട്ടു മനസ്സിലാക്കുന്നില്ല അവർ പറഞ്ഞു നീ ഞങ്ങളെ എന്തൊന്നിലേക്ക് വിളിക്കുന്നുവോ അത് മനസ്സിലാക്കാനാവാത്ത വിധം ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടികൾക്കുള്ളിലാകുന്നു ഞങ്ങളുടെ കാതുകൾക്ക് ബധിരതയുമാകുന്നു ഞങ്ങൾക്കും നിനക്കുമിടയിൽ ഒരു മറയുണ്ട് അതിനാൽ നീ പ്രവർത്തിച്ചുകൊള്ളുക തീർച്ചയായും ഞങ്ങളും പ്രവർത്തിക്കുന്നവരാകുന്നു تَسْتَقِيمُوا إِلَيْهِ وَاسْتَغْفِرُوهُ وَوَيْلٌ لِلْمُشْرِكِينَ الَّذِينَ لَا يُؤْتُونَ الزَّكَاةَ الَّذِينَ لَا يُؤْتُونَ الزَّكَاةَ وَهُمْ بِالْآخِرَةِ هم كَافِرُونَ دي પરયુગા ഞാൻ നിങ്ങളെ പോലേ ഒരു മനുഷ്യൻ മാത്രമാണ് ആകുന്ന നിങ്ങളുടെ ദൈവം એક ദൈവമാണ് ആകുന്ന എന്ന് എനിക്ക് ബോധനം നൽകപ്പെടുന്നു ആകയാൽ അവങ്കലേക്കുള്ള മാർഗത്തിൽ നിങ്ങൾ നേരെ നിലകൊള്ളുകയും അവനോട് നിങ്ങൾ പാപമോചനം തേടുകയും ചെയ്യുവെ ബഹുദൈവാരാധകർക്കാകുന്നു നാശം ജക്കാത്ത് നൽകാത്തവരും പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുമായ ബഹുദൈവാരാധകർക്ക് انم الذين امنوا وعملوا الصالحات لهم اجر غير ممنون تೀರ್தையും വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോ അവർക്കാണ് മുറിഞ്ഞു പോവാതാ പ്രതിഫലം ഉള്ളది ഖുൽ ഇൻനകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർദ ഫയൗമൈനി വജഅലുന ലഹു അനാദ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 അവനത് ചെയ്തത് ആവശ്യപ്പെടുന്നവർക്കു വേണ്ടി ശരിയായ അനുപാതത്തിൽ അതിനു പുറമെ അവൻ ആകാശത്തിന്റെ നേർക്കു തിരിഞ്ഞു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 وقيضنا لهم قرنا فزينوا لهم ما بين ايديهم وما خلفهم وحق عليهم القول في امم قد خلت من قبلهم من الجن والانس انهم كانوا خاسرين அவர்கள் நாம் சில கூட்டாரை ஏற்படுத்தி கொடுத்தோம் என்னிட்டு ஆ கூட்டாளிகள்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 ും സത്യനിഷേധികൾ പറഞ്ഞു നിങ്ങൾ ഈ ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കരുത് അത് പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ ബഹളമുണ്ടാക്കുക നിങ്ങൾക്ക് അതിനെ അതിജയിക്കാൻ കഴിഞ്ഞേക്കാം فَلَنُذِيقَنَّ النَّذِينَ كَفَرُوا عَذَابًا شَدِيدًا وَلَنَجْزِيَنَّهُمْ أَسْوَأَ الَّذِي كَانُوا يَعْمَلُونَ يَنَّالَ آسَتِّي نِشَيَدِيكَلْكُ نَام كَدِّنَ مَايَا شِرْشَ آسَوَدِبِّكُوكَ دَنَّ جَيُّمْ أَوَرْ پْرَوَرْتِجُّ كُنْدِرُمْنَ دِلْ آدِي نِيجَ مَايَدِنُ اللَّا پْ ذلك جزاء أعداء الله النار لهم فيها دار الخلد جزاء بما كانوا بآياتنا يجحدون هذا 3 الله ويندى سترقل كلا بردفلم آية نرغم أورك آويدا يعني سترواسة تنولواسة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 ഞങ്ങളെ പിഴപ്പിച്ചവരായ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള രണ്ടു വിഭാഗത്തെ നീ ഞങ്ങൾക്കു കാണിച്ചു തരണമേ അവർ അധമന്മാരുടെ കൂട്ടത്തിലാകത്തക്കവണ്ണം ഞങ്ങൾ അവരെ ഞങ്ങളുടെ പാദങ്ങൾക്ക് ചുവട്ടിലിട്ട് ചവിട്ടെ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 ഐഹിക ജീവിതത്തിലും പരലോകത്തിലും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാകുന്നു നിങ്ങൾക്ക് പരലോകത്തു നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കും നിങ്ങൾക്കവിടെ നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം ഉണ്ടായിരിക്കും ഏറെ കൊറുക്കുന്നവനും കരുണാനിധിയുമായ അള്ളാഹുവിംഗിൽ നിന്നുള്ള സൽക്കാരമത്രേ അത് അള്ളാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട് ولا تستوي الحسنت ولا السيئة ترفع بلتی هي أحسن فإذا اللذي بينك وبينه عداوتون كأنه ولی حميم نالل دم جئتتا نال يوم سمم آؤواوا گئي إلا اتتا يوم نالل دهدو ادو كوند نئ تنمي يه پردرود تيكوك افتول أثرت عن نئي يوم تممي لشترة يومدو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 അതിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അതിൽ അസത്യം വന്നെത്തുകയില്ല യുക്തിമാനും സ്തുത്യർഹനുമായിട്ടുള്ളവന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതത്രേ അത് നിനക്ക് മുമ്പുണ്ടായിരുന്ന ദൂതന്മാരോട് പറയപ്പെട്ടതല്ലാത്ത ഒന്നും നിന്നോട് പറയപ്പെടുന്നില്ല തീർച്ചയായും നിന്റെ രക്ഷിതാവ് പാപമോചനം നൽകുന്നവനും വേദനയേറിയ ശിക്ഷ നൽകുന്നവനുമാകുന്നു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 നാം ഇതിനെ ഒരു അനറബി ഖുർആാനാക്കിയിരുന്നെങ്കിൽ അവർ പറഞ്ഞേക്കും എന്തുകൊണ്ട് ഇതിലെ വചനങ്ങൾ വിശദമാക്കപ്പെട്ടവയായില്ല ഗ്രന്ഥം അനറബിയും പ്രവാചകൻ അറബിയും ആവുകയോ നീ പറയുക ുർആൻ സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും ശമനൌഷധവുമാകുന്നു വിശ്വസിക്കാത്തവർക്കാകട്ടെ അവരുടെ കാതുകളിൽ ഒരുതരം ബധിരതയുണ്ട് കുർആൻ അവരുടെ മേൽ ഒരു അന്ധതയായിരിക്കുന്നു ആ കൂട്ടർ വിദൂരമായ ഏതോ സ്ഥലത്തുനിന്ന് വിളിക്കപ്പെടുന്നു എന്ന അവരുടെ പ്രതികരണം ولولا كلمه سبقت من ربك لقضي بينهم وانهم لفي شك منهم مريب <تصفيق> موسாக்கு نام வேத ग्रंथം നൽഗുക ഉണ്ടായി എന്നിട്ട് അതിന്റെ കാര്യത്തിലും അഭിപ്രായവ്യത്യാസം ഉണ്ടായി ഒരു വചനം മുൻപ് തന്നെ നിന്റെ രക്ഷിതാവിന്റെ പക്കൽ നിന്ന് ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ ഇപ്പോൾ തന്നെ തീർപ്പു കൽപ്പിക്കപ്പെടുമായിരുന്നു തീർച്ചയായും അവർ ഈ കുർആാനിനെപ്പറ്റി അവിശ്വാസജനകമായ സംശയത്തിലാകുന്നു വല്ലവനും നല്ലത് പ്രവർത്തിച്ചാൽ അതിന്റെ ഗുണം അവനു തന്നെയാകുന്നു വല്ലവനും തിന്മ ചെയ്താൽ അതിന്റെ ദോഷവും അവനു തന്നെ നിന്റെ രക്ഷിതാവ് തന്റെ അടിമകളോട് അനീതി കാണിക്കുന്നവനേ അല്ല ആ അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ് അവങ്കലേക്കാണ് മടക്കപ്പെടുന്നത്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 മുമ്പ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നതെല്ലാം അവരെ വിട്ടു മറഞ്ഞു പോവുകയും തങ്ങൾക്ക് യാതൊരു രക്ഷാസങ്കേതവുമില്ല എന്ന് അവർക്ക് ബോധ്യം വരികയും ചെയ്യും الخير وان مسه الشر فياوس قنوط നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ മനുഷ്യനെ മടുപ്പ് തോന്നുന്നില്ല തിന്മ അവനെ ബാധിച്ചാലോ അവൻ മനം മടുത്തവനും നിരാശനായി തീരുന്നു വലഇൻ അലഖ്നഹു റഹ്മതൻ മിന്നാ മിൻ ബഅദി ബറആ അനസ്സതഹു ലയഖുല അന്നഹാ ദാലീ لَيَقُولَنَّ هَذَا لِي وَمَا أَظُنُّ السَّاعَةَ قَائِمَةَ وَلَئِن رُّجِعْتُ إِلَى رَبِّي إِنَّ لِي عِندَهُ لَلْحُسْنَا فَلَنُنَبِّئَنَّ الَّذِينَ كَفَرُوا بِمَا عَمِلُوا وَلَنُذِيقَنَّهُمْ مِّنْ عَذَابٍ غَلِيَرٍ آوَنَّ كَشْتَةَ بَادِچَدِنُ سَيَشَمْ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 അവന്റെ പാട്ടിനു മാറിക്കളയുകയും ചെയ്യുന്നു അവനു തിന്മ ബാധിച്ചാലോ അവനതാ നീണ്ട പ്രാർത്ഥനക്കാരനായിത്തീരുന്നു നീ പറയുക നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഈ ഖുർആൻ അള്ളാഹുവിങ്കൽ നിന്നുള്ളതായിരിക്കുകയും എന്നിട്ട് നിങ്ങളതിൽ അവിശ്വസിച്ചിരിക്കുകയുമാണെങ്കിൽ കടുത്ത മാത്സര്യത്തിൽ കഴിയുന്നവനെക്കാളും കൂടുതൽ പിഴച്ചുപോയവൻ ആരുണ്ട് ി ഈ കുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാകത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം കാണിച്ചു കൊടുക്കുന്നതാണ് നിന്റെ രക്ഷിതാവ് ഏതു കാര്യത്തിനും സാക്ഷിയാണ് എന്നതുതന്നെ മതിയായതല്ലേ തീർച്ചയായും അവർ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തെപ്പറ്റി സംശയത്തിലാകുന്നു ഓർക്കുക തീർച്ചയായും അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളവനാകുന്നു